ഇമ്രാൻ അലിഹിസ്ലാമിന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്റെ രക്ഷിതാവേ എന്റെ ഉദരത്തിലുള്ളതിനെ നിന്റെ സേവനത്തിനായി ഞാൻ സമർപ്പിക്കുന്നു അതിനാൽ എന്നിൽ നിന്ന് അത് സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനുമെല്ലാം അറിയുന്നവനുമാണ്